പങ്കു ചേർക്കുന്നവർ തങ്ങളുടെ പങ്കാളികളെ കാണുമ്പോൾ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഇവരാണ് നിനക്ക് പുറമേ ഞങ്ങൾ വിളിച്ചിരുന്ന ഞങ്ങളുടെ പങ്കാളികൾ അപ്പോൾ അവരുടെ പങ്കാളികൾ അവരോട് പറയും തീർച്ചയായും നിങ്ങൾ കള്ളം പറയുന്നവരാണ്